അറിവു നൽകപ്പെട്ടവർക്ക് ഇത് നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണെന്ന് ബോധ്യപ്പെടാനും അതിൽ വിശ്വസിക്കാനും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടാനും വേണ്ടിയാണത് തീർച്ചയായും അള്ളാഹു സുബഹാനഹുവറ്റായാല വിശ്വാസികളെ നേരായ പാതയിലേക്ക് നയിക്കുന്നവനാണ്